ക്ഷണമ ഭയ സൌരസുന്ദരത സിംഹാദ്ചൂടാമണ്ദക്ഷിമൂർവ്യാസങ്കരശ്സിതം ജാനോത്തമാഖ്യം തദ്വന്ദ്ധ്യാനമോചിതം വിപ്രതിപത് പ്രാദ്മാന്തധംസ പ്രഗത്ഭവാചാ സുഖമുനിദുഷമാർയമഹമോഹാമദാരമസ്കുരുമോ നൃസിംഹാര ഇവിടെ രണ്ട് അനുമാനങ്ങൾ പറഞ്ഞു ഈ അനുമാനങ്ങളിലൂടെ എന്താണോ ശ്രദ്ധിക്കാൻ ആത്മാരൂപം ആത്മ ശ്രദ്ധരൂപമാണ് അതുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് എന്താ പ്രയോജനം ശ്രദ്ധിക്കാൻ പറ്റും ഞാന് സ്വപ്രകാശമാണെന്ന് നേരത്തെ ശ്രദ്ധിച്ചു ആത്മാവ് ഞാൻ രൂപമാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്താവും സ്വപ്രകാശം പണ്ടുടെ സംയത് രൂപം എന്ന് പറഞ്ഞു അതിന് തർക്കികനോടുള്ള അനുമാനം പറഞ്ഞു അതിന്റെ സപ്രതിപക്ഷവും പറഞ്ഞു സപ്രതിപക്ഷം പറഞ്ഞത് ഈ അനുമാനം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ആദ്യത്തെ അനുമാന തങ്ങൾ സംവിധ്രൂപം എന്ന് പറയുന്നു രണ്ടാമത്തേല് സംപം എന്ന് പറയുന്നില്ല പക്ഷെ ഫലത്തിൽ എന്താണോ ആത്മാവ് സംയുക്താണെന്ന് കിട്ടുന്നു അതെങ്ങനെയെന്നുള്ളതാണ് മുമ്പും വിശദീകരിച്ച് ഇന്നലെയും വിശദീകരിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ വേണ്ടേ വിശ്വസിക്കാൻ വിശ്വസിക്ക മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ സിംപിളായി ഒന്ന് പറഞ്ഞ ടെക്നിക്കലായിട്ടൊന്നും വേണ്ട എങ്ങനെയാണ് അനുമാനത്തിൽ നിന്ന് ആത്മാവ് സംവിധരൂപമാകുന്നുള്ള സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റും രണ്ടും തമ്മിലുള്ള സംബന്ധം ശരി അത് ആത്മനിഷ്ഠമാണോ എന്ന് അണിമതി ഞാൻ ഉണ്ടായി ശരിയായി ഈ സംബന്ധമാണത് ഘടം ഘടഞം രണ്ടിലാണോ വർത്തിക്കുന്നത് എന്നും നേരത്തെ അറിഞ്ഞതാണ് ശരി അതെങ്ങനെ അറിഞ്ഞു അത് അവരോട് സിദ്ധ ഉപയോഗം പക്ഷം നേരത്തെ സിദ്ധമാണ് പക്ഷത്തില് തർക്കമില്ല പക്ഷം ഉഭയസമ്മതമാണ് തർക്കിയെന്ന് മാത്രമാണ് പക്ഷം എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ടു തും സമ്മതമായ കാര്യമാണ് പക്ഷമാകി വയ്ക്കുന്നത് അപ്പൊ അത് ശരിയായി ബാക്കി സംബന്ധം ആത്മനിഷ്ഠം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ഘടനിഷ്ഠമായിരിക്കണം അല്ലെങ്കിൽ ഘട ശരി ഈ പക്ഷത്തിലെ ഘടനിഷ്ഠം അല്ലെങ്കിൽ ആത്മനിഷ്ഠം എന്ന് സ്വീകരിക്കുമ്പോൾ ആത്മ ഘടം അല്ലെങ്കിൽ എന്ന് സ്വീകരിക്കേണ്ടി വരും പക്ഷത്തില് ഘടം ആത്മ അല്ല എന്നുള്ളതില് ഒരു തർക്കമില്ല അതികരിക്കുന്നതാണോ താർക്കികരം അംഗീകരിക്കുന്നതാണോ പക്ഷത്തിലുള്ള തർക്കം ഉള്ള സ്ഥലം ആത്മ ജ്ഞാണമാണോ അല്ലയാണോ എന്നുള്ളതിലാണ് സന്ദിഗ്ധവാൻ പക്ഷേ അതുകൊണ്ട് ഇവിടെ ജ്ഞാനം ആത്മാ എന്നെ സ്വീകരിക്കേണ്ടി വരും എന്നാൽ ഘടം ആത്മാ അല്ലെന്ന് നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഞാനോ ആത്മാവാണ് ശരിയെന്നെ പറഞ്ഞ ശരിയാണ് അപ്പം ഘടകത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്ന ഒരു സാധനം അതെന്തുമായി കൊള്ളട്ടെ ഘടത്തിലുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ആത്മാവിലിരിക്കണം അതാണ് എന്റെ ചുരുക്കം ഘടത്തിലും ജ്ഞാനത്തിൽ ഇരിക്കുന്ന സാധനം ആത്മാവിലിരിക്കുന്നു എന്ന് പറയുമ്പോ അത് ഒന്നുകിൽ ഘടം ആത്മാവാണോ അല്ലെങ്കിൽ അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യതാണ് ഘടത്തിലും ജ്ഞാനത്തില് വിരിക്കുന്ന എന്തോ അത് ആത്മാവില് ഇരിക്കുന്നു അപ്പോ തർക്കനോടാണ് അനു പറയുന്നത് ർക്കിയൊരിക്കലും ഘടത്തെ സ്വീകരിക്കില്ല ആത്മാവായി സ്വീകരിക്കുക അപ്പൊ അത് ഘടത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്ന ആത്മാവിലിരിക്കുന്നു പറയുമ്പോൾ ഘട ആത്മാവല്ല ഉറപ്പായി അപ്പോ അംഗീകരിച്ചേ മതിയാകും എന്താണോ ജ്ഞാനം ആത്മാവാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആത്മാവിലിരിക്കും ജ്ഞാനത്തിലിരിക്കുന്നത് ആത്മാവിലിരിക്കണമെന്ന് പറയണമെങ്കിൽ എന്തുവേണം പിന്നെ ജ്ഞാനത്തിലിരിക്കുന്നത് ആത്മാവിൽ ഇരിക്കണമെന്ന് എന്തുകൊണ്ട് നിർബന്ധിച്ച് പറയുന്നു അനുമതി ഞാനുണ്ടായി അനുമാനത്തെ അംഗീകരിച്ച് അനുമതി ഞാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിച്ചിട്ട് ഇത്രയുള്ള സിമ്പിളായി മനസ്സിലാക്കാം ജ്ഞാനത്തിൽ ഇരിക്കുന്നത് ആത്മാവിലിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി ജ്ഞാനാത്മാവ് വേറെ വഴിയൊന്നുമില്ല ർക്കികമില്ലെങ്കിലും ഗതികട്ട് സ്വീകരിക്കണെന്താണോ ആത്മാവാണോ ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ സപ്രതിപക്ഷ അനുമാനം എങ്ങനെയാ പറഞ്ഞത് സമ്മത്മനിഷ്ഠ ഇവിടെ എന്താ അനുമതി ഞാനോണ്ടായത് അനാത്മനിഷ്ഠമെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പറയുന്നത് ഘടത്തിലും എന്തോ ആയിക്കോളട്ടെ സംബന്ധമോ എന്തോ ആയിക്കോട്ടെ എന്താണ് സംബന്ധമെന്നൊന്നും ചിന്തിക്കണ്ട ഘടത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്നത് അനാത്മാവിലിരിക്കുന്നാണെന്ന് പറഞ്ഞു നേരിട്ട് പറഞ്ഞു അനാത്മാവിലിരിക്കുന്ന അനുമതി ഞാനത് നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം തർക്കേന അനുമതി ഞാനും ഉണ്ടായിപക്ഷോ എന്ത് ഇടപാടും ആയിക്കോളട്ടെ അനുമതി ഉണ്ടായി എന്താണോ ഘടത്തിലും അത് ഇരിക്കോ തർക്ക ഘടത്തിലും ജ്ഞാനത്തിലും ഇരിക്കുന്നത് അനാത്മാവിൽ ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഘടമല്ലെങ്കിൽ ജ്ഞാനം അനാത്മാവായേ പറ്റൂ പിന്നെ ആത്മാവെന്ന് ചിന്തിക്കാനവിടെ യാതൊരു അവകാശവും ഇല്ല ഇല്ല അത് ആത്മാവാണോ അല്ലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനെക്കൂടെ ചിന്തിച്ചാൽ മതി അനാത്മാവേതൊന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ ഘട അനാത്മാവാണോ ാണ് അനാത്മാവാണ് അതിലൊരു തർക്കവും ഇല്ല അപ്പത് അനാത്മാവാണ് ഇനിയിരിക്കുന്ന ജ്ഞാനം ആത്മാവാകൂ ഇനി വിശേഷിക്കുന്ന ജ്ഞാനമാവും ആകില്ല എന്തുകൊണ്ട് ആ അതില് അനാത്മനിഷ്ഠെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണോ തർക്കീകനെ കൊണ്ട് ബലമായിട്ട് കാർക്കീയനോട് ജ്ഞാനം ആത്മാവെന്ന് സ്വീകരിച്ചത് ഇപ്പം താർക്കികൻ എന്ത് ചെയ്തു അദ്വൈതിയെ കൊണ്ട് ബലമായിട്ട് ഞാനും അനാത്മാവാണെന്ന് സമ്മതിപ്പിച്ചു കാരണം ആത്മനിഷ്ഠം അല്ല പറഞ്ഞത് അനാത്മനിഷ്ഠമാണ് അപ്പൊ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണ്ട അനാത്മാവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പൊ ജ്ഞാനത്തിലിരിക്കുന്നത് അനാത്മാവിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഈ രണ്ടനുമാനും സപ്രതിപക്ഷ അനുമാനം കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്ന മനസ്സിലാകത്തുള്ളൂ ഏത് രൂപ താർക്കിക നേരെ അദ്വൈതി പറഞ്ഞ അനുമാനം അപ്പോ രണ്ടനുമാനവും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ യാതൊരു സംശയവും വരത്തില്ല ഘടകത്വ ജ്ഞാനയോഹോ സംബന്ധ ഒരിടത്ത് സംയുക്തരൂപമാണെങ്കിൽ മറ്റെടുത്ത് അനാത്മനിഷ്ഠ ഒരിടത്ത് ഹേതു ജ്ഞാനനിഷ്ഠത്വതാണെങ്കിൽ നിഷ്ഠാന്തം പദവിഷയത്വമാണെങ്കിലിവിടെ സംഗതി കളികരായത് ഇനിയൊരു സംശയമില്ല കാരണം ഇത് പഠിക്കുന്നവർക്കെല്ലാം അനുമാനം പറയുന്നത് സാധ്യവും ഹേതുവുമെല്ലാം മനസ്സിലായി കഴിഞ്ഞാലും ഈ സംവിധത്വം എങ്ങനെ ജ്ഞാനത്തിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാകത്ത മനസിലാക്കിയാൽ തന്നെ അവർ വേറെ അവരുടെ സ്വന്തം രീതി മനസ്സിലാവും സംവിധ്രൂപത്വം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ വരണം ആത്മാവിൽ വരണം ആത്മാവിൽ വരുന്നു എന്നുള്ളത് പിളിയിട്ടത്തില്ല ഇനി ആത്മാവിനെ സംയുക്ത രൂപമായി സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ദോഷം അടുത്ത് പറയുന്നു അടുത്ത് പറയുന്നു വിപക്ഷിച്ച ആത്മന സംശയ ഗോചരത്വ അബദ്ധാധിക അഹം അനഹം വേദി കച്ചിത് സിഗ്ധേ അഹം വിപയസ്യത്തി വിപക്ഷം എന്ന് പറയുന്നത് എന്താണോ സാധ്യ അഭാവനിശർമ്മ അഭാവവാൻ ധർമ്മി അതാണ് വിപക്ഷം സാധ്യം എന്നെങ്കിൽ സാധ്യസദൃശമായ ധർമ്മം ഇല്ലാത്ത ഒരു ധർമ്മി നേരത്തെ പറഞ്ഞെന്താണ് നിശ്ചിത സാധ്യഭാവവാൻപക്ഷ അത് തന്നെ ഇത് അല്പം കൂടെ വിശദീകരിച്ച് പറയുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ പക്ഷത്തെ വിപക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം ക്ഷം എന്താണ് ആത്മാ അതിനെ വിപക്ഷമായി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ എന്താണ് രൂപത്വം സംവിധ്രൂപത്വ അഭാവമാണ് സ്വീകരിച്ചു കഴിഞ്ഞാന്ന് വെച്ചാൽ ആത്മാവിൽ സംവിദ്രൂപത്വം ഇല്ല എന്ന് സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ ആത്മാവ് സംവിദ്രൂപം അല്ല എന്ന് സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ ആത്മാവ് അറിവല്ല ജ്ഞാനമല്ല എന്ന് സ്വീകരിച്ചാൽ ഉള്ള ദോഷം അടുത്ത് പറയാൻ പോകുന്നു എന്നർത്ഥം വിപക്ഷുന്നതിൻ്റെ അർത്ഥം ആത്മാവ് അല്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആത്മാവിൽ സംവിധ്രൂപത്വം ഇല്ല ഇല്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാണ് പറയുന്നത് ദോഷം പറയുന്നു ആത്മന സംശയവിപ്യാസഗോചരത്വാപത് ആത്മാവിനെ നമ്മളെങ്ങനെ അറിയുന്നു അത് വൈശേഷികന്മാർക്കും സമ്മതമായ രീതിയിൽ അഹം എന്നറിയുന്നുണ്ട് ഞാൻ എന്നറിയുന്നുണ്ട് ആത്മാവെന്ന് വെച്ചാൽ താനെന്നാണോ എൻ്റെ അർത്ഥം അപ്പം താൻ എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച താൻ ചടമാണോ അതോ ജ്ഞാനമാണോ ഇതാണ് ചർച്ച തർക്കികന്മാർ പറയുന്നത് അത് ദ്രവ്യമാണോ ആത്മാ എന്നുവെച്ചാൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനരൂപം ഉണ്ടാവുക ജ്ഞാനം എന്ന് പറയുന്ന ഗുണമാണോ അത് ആത്മാവിൽ സമവായ സംബന്ധത്തിരിക്കുന്നേ ഉള്ളൂ ആത്മാവ് സ്വയം ജ്ഞാനമൊന്നും അവർ സ്വീകരിക്കില്ല പക്ഷെ ഞാൻ അനുഭവം ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പം ഇത് ഘടപ്പെടാതികളെപ്പോലെ ഒരു ദ്രവ്യമായിരുന്നെങ്കിൽ ഞാനല്ലാത്ത ഏതെങ്കിലും ഒരു പദാർത്ഥമാണെങ്കിൽ എന്ത് സംഭവിച്ച ഇവിടെ സംശയം വരാം വിപര്യവും വരാം െന്ന് പറയുന്നത് ജ്ഞാനമായിരിക്കുന്നത് പ്രകാശമായിരിക്കുന്നത് കൊണ്ടാണ് ആർക്കും സംശയം വരാത്ത എങ്ങനെ സംശയം വരാത്തത് എങ്ങനെയാ സംശയം വരാത്ത അത് തന്നെ അഹം അസ്മിന സംശയ ആർക്കും വരുന്നില്ല ഞാൻ ഉണ്ടോ ഇല്ലയോ ഞാൻ ഞാനെന്ന് പറയുന്ന അനുഭവത്തെയാണ് അസ്മി ന ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നതിന് പേരെ ഉറപ്പിച്ചു പറയേണ്ടതാണ് അഹം അസ്മി അഹം അസ്മി ഇത് ജ്ഞാനമാണുണ്ടോ അനുഭവമാണല്ലോ അഹം അസ്മി എന്ന് പറയുന്നു എല്ലാവർക്കും സംശയമുണ്ട് അത് ജ്ഞാനമായതുകൊണ്ടാണ് സംശയമില്ലാത്തത് അഹം അസ്മി എന്ന് പറയുന്ന അനുഭവം അതിന് മാത്രം സംശയം വരത്തില്ല വേറെ ഏതിന് സംശയം വരാം ലോകത്തിലേതു കാര്യത്തിലും സംശയം വരാം പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഇത് ജ്ഞാനരൂപമായതുകൊണ്ട് ഈ എന്നിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് സംശയമില്ല അത് മാത്രമല്ല ഞാനില്ല എന്നുള്ള ്രമുണ്ടാവുന്നില്ല ഞാനില്ല എന്നാർക്കും ഭ്രമം ഉണ്ടാവുന്നില്ല എപ്പോഴും അഹം അസ്മി എന്നുള്ള ബോധമുണ്ടാവും ഈ ബോധം ഇങ്ങനെ നിലക്കുന്നതിന് കാരണം പറയുന്നു ഞാൻ ജ്ഞാനമായതുകൊണ്ടാണ് ആ ഞാൻ തന്നെയാണ് ആത്മാവ് അനുഭവത്തിൽ നിന്ന് പറയുന്നു ഇപ്പാർക്കിതിനെങ്കിലേക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോ ആത്മാവിനെ ജ്ഞാനമായി തന്നെ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് അഹം അസ്മി എന്ന് സദാബോധം ഉണ്ടായിരിക്കുന്നത് താർക്കിന് മറുപടി പറയാനൊക്കെ കാണും പക്ഷെ അദ്വൈതി പറയുന്ന ഇതാണ് ആത്മാവുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കമില്ല ആർക്ക് അദ്ദേഹിക്കില്ല അങ്ങനൊരു തർക്കമേ ഇവിടെയില്ല എന്താ ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാനുണ്ട് അപ്പൊ അത് ആർക്കിങ്ങനെ തെർക്കാൻ പറ്റും ആത്മാവെന്ന് പറയുന്നത് തന്നെയാ പറയുന്നു അപ്പൊ താൻ തന്നെയാണ് ആത്മാവായി എല്ലാവരും സ്വീകരിക്കുന്നത് വെച്ചാൽ അത്രേ അർത്ഥമുള്ളൂ താൻ തന്നെ അർത്ഥമുള്ളൂ ആത്മാവ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട് പിന്നെന്താണ് തന്റെ സംശയം ഉണ്ടാകുമോ വിവരി ഉണ്ടാകുമോ ഈ സംശയവും വിപരിയും ഉണ്ടാകാത്ത കാരണം എന്തുകൊണ്ടാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന താൻ അറിവായതുകൊണ്ടാണ് അതുകൊണ്ടാണ് സംശയവും പിന്നെ അതുകൊണ്ട് അങ്ങനെ സംശയവും വിവരവും ഇല്ലാത്തത് കാരണം അറിവ് സ്വയം പ്രകാശമാണ് അതുകൂടെയുണ്ട് അവിടെ ചേർക്കും അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് മറ്റെന്തെങ്കിലും പ്രകാശിപ്പിക്കുന്ന അതിനെ സംബന്ധിച്ച് സംശയവിവര്യങ്ങളുണ്ടാകത്തുള്ളു എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു അറിവിന് വിഷയമാണ് വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയവും സംശയവും വിവര്യവും ഭ്രമവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇത് സ്വയം അറിവായിരിക്കുന്നു സ്വയം പ്രകാശമായ അറിവ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എന്നെ തന്നെ സംബന്ധിച്ച് സംശയം ഉണ്ടാകുന്നില്ല തന്നെ വിവരവും ഉണ്ടാകുന്നില്ല അപ്പോൾ അനുഭവത്തിൽ നിന്ന് എന്നെ തീരുമാനിക്കുകയാണ് താൻ അറിവാണ് ഇത് അദ്വൈതയുടെ ഒരു പ്രധാന ആയുധമാണ് താൻ അറിവാണെന്നുള്ള തീരുമാനിക്കുന്നത് അനുഭവം കൊണ്ടാണ് ഈ അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും എന്ത് വ്യക്തിയുണ്ടെന്ന് നിഷേധിക്കാൻ പറ്റും ആത്മാവിധ്രൂപം അല്ല എന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആത്മന സംശയ വിപരത്തി ആത്മാവ് സംശയത്തിനും വിപര്യാസത്തിനും ഗോചരമാകും എന്ന് പറഞ്ഞാൽ വിഷയമാകും അത് ആപത്തിയാണ് ബാധിക എന്തിന്റെ ബാധിക എന്താ ബാധിക്കുക ആ എന്നു പറഞ്ഞാൽ എന്താ അസുദ്രൂപമാണെന്നുള്ള ആത്മാവ് സമിത് രൂപമല്ല എന്നുള്ളതിനാ ബാധിക്കുന്നു ആത്മാവ് സമ്മിദ്രൂപമല്ല എന്നുള്ള കാർക്കീയ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ പ്രാഭാവര സിദ്ധാന്തത്തെ ബാധിക്കുന്നതാണ് എന്ത് സ്വ അനുഭവം ഇപ്പം ഇവിടെ ആത്മാവിനെ കുറിച്ചൊരു തർക്കവുമില്ല പിന്നെ തർക്കതിനെ കുറിച്ച് സംയത രൂപ സംയുക്ത സംയുക്ത എങ്ങനെയുള്ളത് സ്വയം പ്രകാശം അപ്പം സ്വയം പ്രകാശമായ സംയത രൂപമാണ് ആത്മാവെന്നുള്ളതിന് ഇതിൽ കൂടുതൽ വേറെ അനുഭവം എല്ലാവരെയും തെളിവുന്നുണ്ട് അതെപ്പോഴും ഒരേ രൂപത്തെ പ്രകാശിച്ചു പിന്നെ ചിലർക്ക് എന്താണോ സംശയമുണ്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആത്മജ്ഞാനത്തിൽ സംശയവിപര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാ പറയുന്നത് ആത്മജ്ഞാനത്തിന് സംശയ വിപര്യങ്ങൾ ഉണ്ടാവും എന്നല്ലേ പറയുന്നു അതെങ്ങനെയുണ്ടാവും ഇവിടെ പറയുന്നു ആർക്കും തന്നെ സംശയവിപര്യം ഉണ്ടാവുന്നു അപ്പൊ പിന്നെ ആത്മജ്ഞാനത്തിൽ എങ്ങനെയാ സംശയവിപര്യങ്ങളുണ്ടാവും മനനത്തിന്റെ ആവശ്യം തോന്നുന്നു സ്വരൂപത്തെ കുറിച്ചുള്ള സ്വരൂപത്തെ കുറിച്ച് തന്നെ സംശയ വിവരങ്ങളുണ്ടാവുന്ന എന്താ എന്റെ സ്വരൂപം അത് മാനസികത്തെ കുറിച്ച് പറയണത് സ്വരൂപമായ മറ്റൊരു സ്വരൂപത്തെ കുറിച്ചല്ലേ പറയുന്നു തത്വമസിന്ന് കേട്ടു കഴിയുമ്പോ അപ്പൊ സംശയ വിവരങ്ങളുണ്ടാവുന്ന പറയുന്ന സ്വരൂപത്തെ കുറിച്ച് തന്നെയാണ് അന്ധക്കരുടെ വൃത്തിയായ ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണെന്നുള്ളത് അങ്ങനെ ആത്മാവിന്റെ ആത്മാ ജ്ഞാനസ്വരൂപമായ ആത്മാവ് ആ ജ്ഞാനം എന്താണെന്നുള്ളത് ജ്ഞാനമാണെന്ന് പോലെ ഇവിടെ പറയുന്ന സ്വരൂപം ജ്ഞാനമാണോ ആ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്താണ് ആത്മാവളെ കുറിച്ച് ബ്രഹ്മസൂത്രം സംശയങ്ങളൊക്കെ വരുന്നെവിടെ ജ്ഞാനമാണെന്ന് പറഞ്ഞാലും എന്താണ് കർത്താ ഭോക്ത ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സംശയം വരുന്നത് ചിലത് പറയുന്നു കർത്താവും ഭോക്താവുമാണെന്ന് പറയുന്നു അതല്ല അങ്ങനെയുള്ള വിശേഷ തന്നെ താൻ പരോക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിശേഷത്തെ സംബന്ധിച്ച് വീണ്ടും വിപ്രതിവിധ്യുണ്ടാവും എന്താ ഒരാൾ പറയുന്നു കർത്താവും ഭോക്താവണെന്നും വേറൊരാൾ പറയുന്നു അല്ല ഇങ്ങനെ അപ്പോ നിശ്ചയാത്മകമായി ഞാൻ ഉണ്ടാകുന്നു എന്നാണ് അകർത്താ അഭോക്ത നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം എന്ന സിദ്ധാന്തം ഇവിടെ ഇപ്പം ഇത്രേ പറയുന്നുള്ളന്താണ് ആത്മാരൂപ ആത്മാദ്രൂപു സ്വീകരിച്ചു കഴിഞ്ഞാലും ഒരാൾക്ക് വേണമെങ്കിൽ പറയാൻ എന്താണ് അത് കർത്താവാണ് ഭോക്താവാണ് ഭോക്താവാണ് എന്തുകൊണ്ടത് അനുഭവമാണ് ആത്മാവ് ചിദ്രൂപോ എന്ന് അറിയുന്നത് തന്നെ അറിയുന്നത് എന്താണ് ഞാൻ കർത്താവാണ് ഭോക്താവാണ് ജ്ഞാനം കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള സംശയമാണെന്ന് പറയാൻ പാടില്ല ആ ഒരു ജ്ഞാനം ജ്ഞാനം കർത്താവാണ് ഭോക്താവാണെന്നുള്ളതായി കൂടെ എന്ത് സംശയം പറയാനുള്ള ആൾക്കാർ ആത്മാവ് ജ്ഞാനമാണെന്നുള്ളത് എന്തുകൊണ്ട് പറയുന്നു അത് സ്വയം പ്രകാശിക്കുന്നതാണ് അതിലാർക്കും സംശയം ഉണ്ടാകുന്നത് അത് ജ്ഞാനമാണെന്ന് അവിടെ തന്നെ വീണ്ടും വരുന്നോ കർത്തൃതും കർത്തൃത്വം സംശയം വരെ അവരോ സംഖ്യന്മാർ പറയുന്നു ആത്മാവ് ഞാൻ രൂപമാണ് ചുസ്വരൂപമാണ് പക്ഷെ അത് ഭോക്താവാണ് അങ്ങനെയൊക്കെ അവരോ രണ്ടും രണ്ടാണ് ഇവിടെ അതിനെ കുറിച്ച് അല്ല പറയുന്നത് എന്താണ് ആത്മാ രൂപമാണോ അതോ അച്യുത് രൂപമാണോ इदान സംവിധ്രൂപമാണ് अहम नहम मेरी സംശയപരിയാസഗോരത്വത്തിൽ ബാധിക്കേരി കശി സന്ദിഗേ നത്മനി തന്നിൽ ആത്മനിയെന്ന് വെച്ചാൽ തന്നിൽ അഹം നഹം ബാ എന്ന് പറഞ്ഞി ക്രിയോട് ചേർത്തോ അതെ വേദിക്കസ്റ്റിത് ഒരുവനം സന്ദിഗ്ധേ സന്ദിഗ്ധേ പഠിച്ചിട്ടുള്ള രൂപമാണ് ഏതാണ് സൂർവത്തിൽ ഒന്നപ്പോ എന്തായി സന്ദേഹം ഒന്നും ദത്തോത്ഥമായിട്ട് ബന്ധമെന്ന് സന്ദിഗ്ധേ ഒരു സന്ദേഹിക്കുന്നില്ല അഹമിതി വ്യഭജ്യസു അഹം നാസ്മിന്ന് വിപര്യ അങ്ങനെ സംഭവിക്കുന്നില്ല തന്നെ ഏതെൻ്റെ ഒരു ഓണ് അസുക്ഷേപേ ഏത് ഗണത്തിലായിരുന്നു അതും എന്താണ് വി പരി പൂർവത്തിൽ ഒന്ന് കഴിയുമ്പോ അർത്ഥം മാറി അങ്ങനാർത്ഥം ബ്രഹ്മം ഉണ്ടാകുന്നില്ല ആത്മാ സംവിധ്രൂപമാണെന്നൊക്കെ ഓർപ്പിച്ചു സംവിധ്രൂപം മാത്രം പോരാ എന്ന സ്വപ്രകാശ ജ്ഞാന രൂപത്താം അന്തരേണ അവകൽപ്യതേ ജ്ഞാനം എന്ന് മാത്രം സ്വീകരിച്ചാൽ പോരാ ജ്ഞാനം സ്വപ്രകാശമാണ് ഏതുപോലെ എന്ന് വെച്ചാൽ സൂര്യന്റെ നേരെ നോക്കി കണ്ണുകൊണ്ട ശരിക്കും കണ്ടിട്ടയാൾ ഈ സൂര്യൻ പ്രകാശിക്കുന്നു ഇല്ല ഈ ആർക്കെങ്കിലും സംശയം വരുമോ സൂര്യൻ പ്രകാശിക്കുന്നില്ല ഭ്രമം വരുമോ രണ്ട് സംഭവിക്കാറില്ല കാരണം സൂര്യന്റെ സ്വരൂപം ചക്ഷിണേന്ദ്രിയതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു കത്തി ഗ്രഹിക്കാൻ പറ്റില്ല പ്രകാശമായിട്ടേ ഗ്രഹിക്കാൻ പറ്റും അപ്പം ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുമ്പോൾ ജ്ഞാനത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റുമോ സുപ്രകാശമായി അതുകൊണ്ടാണ് അഹം അതിലാർക്കും തന്നെ സംശയവും വിരിയവും ഉണ്ടാകാത്തത് ഒന്ന് ചെയ്ത സുപ്രകാശം ഞാനൊരു പദം അന്തരേണ സ്വപ്രകാശ്ഞാനരൂപത്താം അന്വയിക്കും അന്തരേണ സ്വപ്രകാശോട് അന്വയിക്കും ആത്മന ആത്മന സുപ്രകാശ ജ്ഞാനരൂപതാം അന്തരേണ കൂടാതെ അവകൽപ്യത അവണ രൂപതാം അന്തരേണ ആത്മാ അവകൽപ്യതെന്ന് പറയുമല്ലേ വീണ്ടും ഒരു ആത്മാ അവകൽപ്യതെന്ന് ആത്മനഹ സ്വരൂപം അവകൽപയത ആത്മന സുപ്രകാശ ജ്ഞാനരൂപതാം അന്തരേണ അവകൽപ്യതേ കൽിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ കൽപ്പിക്കപ്പെടുന്നില്ല കർമ്മത്തിൽ എന്തു വന്നിരിക്കുന്നു സൃഷ്ടിയും ഏത്തത്തിനുള്ളതാണ് ഏഹ് ഏത്തത് ആത്മത്തിൽ ഏത്തത്തെന്ന് പറയുന്ന എന്താണ് ഏത്ത പറയുന്ന എന്താണ് ഏത്ത പറഞ്ഞാൽ ഇവിടുത്തെ വിപക്ഷം നഹി ആത്മാ നീ അഹം അനഹം വേദിക സിപ്പ് സന്ദിഗ് സന്ദേഹാഭാവം വിവരി പറഞ്ഞ കാര്യഭാവവും അത് ഇക്കാര്യം എന്നർത്ഥം സുപ്രകാശം ഞാൻ ഒരു മന്ദ്രേണിത്തെ ോ താർക്കം പറയുന്ന അങ്ങനെ നിങ്ങളുടെ സിദ്ധാന്തം പറഞ്ഞ് ഞങ്ങള് മൂലയ്ക്ക് ഇരുത്താൻ ഒന്നും നോക്കണ്ട എന്നുവച്ചാ അന്തരേണാതിജ്ഞാന രൂപതം സുഖാധിപതേതീശങ്കനീ അപ്പൊ തർക്കയും ചോദിക്കുകയാണ് ഇതങ്ങനെയാ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സുഖത്തിന്റെ അനുഭവം ഉണ്ടോ അഹം സുഖി അഹം ദുഃഖി സംശയം ഉണ്ടാകാറുണ്ട് അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോ ഒരാളുടെ ഉള്ളിൽ സുഖം പ്രത്യക്ഷപ്പെട്ട് സുഖമുണ്ടായി സുഖി എന്ന അനുഭവം ഉണ്ടാകുമ്പോ ഇത് ഈ സാധനം സുഖമാണോ അല്ലയോ സംശയിക്കൂ ഓ ഇത് സുഖമല്ല ദുഃഖമാണെന്ന് സുഖത്തെ ആർക്കും ഭ്രമിക്കൂ എന്തുകൊണ്ട് സുഖം ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് അനുഭവപ്പെടാൻ പറ്റും ദുഃഖം ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ദുഃഖമായിട്ട് അനുഭവപ്പെടാൻ പറ്റും ഒരിക്കലും അതിന് ജ്ഞാനം പോലെ തന്നെ അതിന് സംശയം ഉണ്ടാകുന്നില്ല വിപരി അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു വരില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് വരും ലോകത്തിലെ അനുഭവങ്ങൾക്കെല്ലാം പിന്നെ തിരിച്ചു വേറെന്ന് സംഭവിക്കും ഇങ്ങനെ സുഖത്തിൻ്റെ ഹേതുക്കളെ കണ്ടിട്ടൊരാൾക്ക് വേണമെങ്കിൽ ഇത് ദുഃഖഹേതുവാണെന്ന് സംശയിക്കും ദുഃഖത്തിൻ്റെ ഹേതുക്കളെ കണ്ടിട്ടൊരാൾക്ക് വേണമെങ്കിൽ പറയാം ഇത് സുഖഹേതുവാണ് ഹേതുക്കളെ സംബന്ധിച്ചുണ്ടാകും പക്ഷെ സുഖം എന്ന് പറയുന്ന ഉള്ളിലുണ്ടാകുന്നൊരു അനുഭവമാണ് ആ അനുഭവം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അനുസുഖമായിട്ടല്ലാതെ വേറൊന്നായിട്ട് അറിയാൻ ഇല്ല വലിയ സുഖം കാണും ചെറിയ സുഖം കാണും അൻ്റെ അടുത്ത് ദുഃഖം കാണും ഇതെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ സുഖം സുഖമായിട്ടും ദുഃഖം ഇനി ചോദ്യം നിങ്ങളുടെ അദ്വൈതികൾ സുഖത്തെയും ദുഃഖത്തെയും ജ്ഞാനമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ പിന്നെ അതെന്താണ് അന്ധക്കരണപരിണാമമാണ് പിന്നെ ഒരു അനുഭവത്തിൽ സംശയവും വിവരവും ഇല്ലെങ്കിൽ അത് സ്വപ്രകാശമായ ജ്ഞാനമൊന്നിങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ ഒരനുഭവത്തിൽ എന്താണ് ഒരു അനുഭവത്തിനും സംശയവും വിപരീവുമില്ലാതിരുന്നുകഴിഞ്ഞാൽ അതിന് സ്വപ്രകാശ ജ്ഞാനമായി സ്വീകരിക്കാമെന്ന് പറയുന്നത് ശരിയല്ല സുഖദുഃഖങ്ങൾ സ്വപ്രകാശ്ഞാനമായി നിങ്ങളുടെ പക്ഷമനുസരിച്ച് സ്വീകരിക്കില്ല സ്വീകരിക്കില്ല ഞങ്ങളുടെ പക്ഷമനുസരിച്ചും അതുകൊണ്ട് നിങ്ങളുടെ ഈ സിദ്ധാന്തം സംശയവും വിപരീവുമില്ലാത്തതുകൊണ്ട് താൻ ജ്ഞാനസ്വരൂപനാണ് അതാണ് ആത്മാവ് സ്വപ്രകാശ രൂപനാണെന്നൊന്നും പറയുന്ന ശരി അല്ല കാർഗ്യം പറയുന്നത് ശരിയാണോ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇപ്പൊ പറയണം മുമ്പോട്ട് പോയാൽ പിന്നെ പറയാൻ പറ്റും പിന്നൊരു ചാൻസും കിട്ടത്താണ് പറയുന്നത് എന്നുവെച്ചാൽ അന്തരീണാഭി ജ്ഞാനരൂപത്താണ് അഭാവേബി എന്നർത്ഥം സുഖാദീന ദുഃഖാധിപത് സുഖം പറയുന്നതിനേക്കാളും പറഞ്ഞെന്താണോ ദുഃഖം ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തെ അനുഭവിച്ചിട്ടുള്ളവന് പിന്നെ ഒരു തർക്കവും വരത്തില്ലേ അതുകൊണ്ടാണ് ദുഃഖത്തെ തന്നെ പറഞ്ഞത് ദുഃഖാധിപത് സുഖമുണ്ട് ഏത് പദ്ധതി നശങ്കനീയം ഏതൊതുപോലെതെന്ന് വെച്ചാൽ എന്താണ് സുപ്രകാശ്ഞാന രൂപത്താണ് ദുഃഖാദികളെ പോലെ ആണതും എന്ന് വെച്ചാൽ ജ്ഞാനരൂപമല്ലാത്തതിനെ എങ്ങനെ അറിയുന്നു സംശയവിപര്യം കൂടാതെ സംശയവിപര്യം കൂടാതെ അറിയുന്നു യഥാസുഖ ദുഃഖാദിരീതിന് ശങ്കനി അങ്ങനെ പറയരുത് എന്തുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന നോക്കണം അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ധൂമെന്ന് പറയുന്നത് വന്യട അവ്യഭിചാരിയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എത്രീ അതുപോലെ ഇവിടെ എന്തിനാ പറയുന്നുചാരിയാണെന്ത് എന്താർത്ഥം ധൂമം അവ്യപിചാരി എന്ന് പറഞ്ഞാൽ എത്രയെത്ര ധുമി അതുപോലെ പറയുന്നു ജ്ഞാനഅ്യചാരിയാണെന്ത് അപ്പൊ എങ്ങനെ പറയും എത്ര എത്ര സുഖം അത്ര ജ്ഞാനം ൂ എത്ര എത്ര സുഖം എത്രയെത്ര ദുഃഖം അപ്പോ ആ അറിയുന്ന എന്താണ് നിങ്ങൾ പറയുന്ന സംശയവിപര്യം കൂടാതെ സംശയവിര്യം കൂടാതെയുള്ള ആ സുഖദുഃഖാദികളുടെ അനുഭവം അത് സുഖദുഃഖാദികളുടെ മേൽനയല്ല പിന്നെയോ ജ്ഞാനത്തിന്റെ അവശേഷം എന്ന് പറഞ്ഞാൽ സുഹൃക്കാദികൾ അന്ധകരണത്തിൽ പ്രണാമരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഞാനും ഉണ്ടായിരിക്കും ഞാനില്ലാത്ത ഒരു സുഹൃത്തുക്കാദി അങ്ങനെ ഒന്നില്ല അപ്പൊ ഞാനവിടെ സ്വപ്രകാശമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണെന്താണ് ഈ സ്വപ്രകാശം സുഹൃത്തുക്കാദികളുടെയാണ് തെറ്റിദ്ധരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞു സാക്ഷിയിൽ അത്യസ്തമാണ് സുഖദുഃഖാദികൾ അപ്പോൾ ആ സാക്ഷിയുടെ അപരോക്ഷത എവിടെ വരുന്നു എന്നിട്ട് നിങ്ങള് ധരിക്കുന്നു അവിടെയുമുണ്ട് അപരോക്ഷത്വം അപരോക്ഷത്വം ജ്ഞാനത്തിൻ്റെതാണ് അതിന് തെളിവാണ് എന്താണോ എത്രയെത്രം എത്ര സുഖദുഖം തിരിച്ചു പറയാൻ പറ്റില്ല എത്രയെത്ര ജ്ഞാനസത്ത ത്ര സുഖദുഃഖം എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല എന്തുകൊണ്ട് എഴുത്തിൽ ഞാൻ സത്തയുണ്ട് സത്ത പക്ഷേ സുഖ ദുഃഖങ്ങൾ ഇല്ല ഇല്ല അല്ല എന്നാ ഞാന് സത്ത ജാഗ്രതയിൽ തന്നെ ഞാൻ സത്ത ഞാനോടത്തെല്ലാം സുഖം അല്ലെങ്കിൽ ദുഃഖം വേണമെന്നുണ്ടോ ഇല്ല സമാധി ഏ അങ്ങനെ വേറൊന്നും ഉണ്ടാവാറില്ലേ മനസ്സിൽ ഭയം ഉണ്ടാവും ഒരു വികാരവും കോപം ഉണ്ടാകും ഈർഷ്യ ഉണ്ടാകും എന്തെല്ലാം വികാരങ്ങളുണ്ടാവും അവിടെയൊക്കെ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ടോ അതിൻ്റെ അനന്തര പരിണാമമായി ഇതിലേതെങ്കിലൊക്കെ സംഭവിക്കാം അല്ലേ അല്ലാതെ കാരണം ഇതെല്ലാം വൃത്തികളാണ് എന്താ കാരണം നാനാ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കും സുഖാകാരത്തിൽ ദുഃഖാകാരത്തിൽ ഈർഷ്യാകാരത്തിൽ കാമാകാരത്തിൽ ക്രോധാകാരത്തിൽ മനസ്സിൽ നിന്നുള്ള കോപം തിളച്ച് വരും അറിയുന്നു ആ സമയത്ത് സുഖമാണോ കഴിഞ്ഞിട്ടാണ് ആ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വരും അപ്പോ അവിടെ എല്ലാം എന്താണ് സുഖസത്തയുണ്ടെങ്കിൽ അവിടെ എന്ത് കാണും സുഖമുണ്ടെങ്കിൽ എന്ത് വരുംസത്തോടെ ഉണ്ടായിരിക്കും ഉള്ളടത്തെ വന്യടുത്തെല്ലാം ധുമോലെ വ്യാപ്ത എന്ന് പറഞ്ഞ പോലെ ആണ് ഇവിടെ പറയുന്നത് എന്ത് ധുമോ വന്യവ്യാപ്ത എന്താണോ അപ്പൊ നിയമം അപ്പൊ ഇത്രയൊന്നും താർക്കയും ചിന്തിച്ചില്ല ഈ അദ്വൈതിയുടെ ബുദ്ധിയൊരു ഭയങ്കര ബുദ്ധിയാണെന്നാണ് ഇപ്പൊ താർക്കയും വിചാരിക്കുന്നത് എന്തേ താർക്കി എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത് താർക്കിയുടെ സുഖ ദുഃഖങ്ങളെന്ന് പറയുന്നത് ആത്മാവിന്റെ ഗുണങ്ങളാണ് ജഡമായ ആത്മാവിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് താർക്കിന് ഇതിനെ ഇത്ര ഞാനുമായിട്ട് ഇത്ര കൂട്ടിയോജിപ്പിച്ച് ചിന്തിച്ചിട്ടില്ല അതാണ് താരാർ വിദ്യ തർക്കന് സാക്ഷിയില്ല കർക്കയിൽ വെറും പാറ പോലെ ഒരു ആത്മാവ് ദ്രവ്യമല്ല കരിമ്പാറ പോലെയിരിക്കുന്ന ഒരു ആത്മാവ് അതിലുകൂടി വല്ലപ്പോഴും ഒരു ജ്ഞാനം സുഖം ദുഃഖം എല്ലാ സമവായ സംബന്ധത്തിൽ ഉണ്ടാകുന്നു നശിച്ചും പോകുന്നു ഇവിടെ അങ്ങനെയല്ല ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ആത്മാവ് അതിൻ്റെ മുമ്പിൽ വന്നാൽ എല്ലാം പരോക്ഷമാണ് അതുമാത്രമല്ല ആദ്യത്തെ മുമ്പിൽ വന്നാൽ എല്ലാം പ്രകാശി അതാണ് രണ്ട് നിങ്ങളുടെ വ്യത്യാസം അതുകൂടെ പറയുന്നത് എന്താണ് തേഷാം സ്വസത്തായാം എന്ന് പറഞ്ഞാൽ അവയുടെ സത്ത എന്ന് പറയുന്നത് തന്നെ എന്താണ് ജ്ഞാനസത്തെയ ആശ്രയിച്ചിട്ടാണ് വെച്ചാൽ ജ്ഞാനത്തിലാണതെല്ലാം പ്രകാശിക്കുന്നത് എന്ന് പറയുന്നു അതോടൊപ്പം എല്ലാം എന്ത് വരും ജ്ഞാനസത്തേം വരും തതുപോത്തേ തതുപോത്തേന്ന് വെച്ചാൽ എന്താണോ എന്താണോ എന്താണോ അതിന്റെ സ്വപ്രകാശത സുഖദുഃഖാദികളുടെ സ്വപ്രകാശത എന്താണ് ജ്ഞാനത്തിന്റെ സ്വപ്രകാശത കൊണ്ട് അതിന്റെ സുപ്രകാശത ശ്രദ്ധിക്കുന്നു സ്വതന്ത്രമായിട്ട് അതിന് സ്വപ്രകാശത ഇല്ല പ്രകാശം അല്ല എന്നർത്ഥം അത് ജ്ഞാനത്തിനേ ഉള്ളൂ പൂർണ പൂർണ്ണമാധാരൂർ ഓം ശാന് ഓം ശ്രീഗുരുമോ